നിങ്ങൾ കൈക്കലാക്കുന്ന ധാരാളമായ യുദ്ധമുതലുകൾ അള്ളാഹുസുബാനഹുവറ്റല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു ഇതിൽ ചിലത് അവൻ നിങ്ങൾക്ക് വേഗത്തിലാക്കി തന്നു ജനങ്ങളുടെ കൈകളെ അവൻ നിങ്ങളിൽ നിന്ന് തടയുകയും ചെയ്തു ഇത് സത്യവിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമാകാനും അവൻ നിങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കാനുമാകുന്നു